ധ്യായം പതിനൊന്ന് പിന്നെ ബന്ധുപോലെയുള്ള ഒരു കോൽ എന്റെ കൈയിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടു അന്ന് ഞാൻ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 അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാത്തവണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്കധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകലബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ആഴത്തിൽ നിന്ന് കയറി മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും അവരുടെ കർത്താവ് സൂക്ഷിക്കപ്പെട്ടതും ആത്മീകമായി സ്തോതവുമെന്നും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 ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നിൽ നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു ഇവിടെ കയറി വരുവനെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ട് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി നഗരത്തിൽ പത്തിലൊന്ന് ഇടിയുവീണു ഭൂകമ്പത്തിൽ ഏഴായിരം പേർ മരിച്ചുപോയി ശേഷിച്ചവർ ഭയപരവഷ്ടരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി ദൈവസന്നധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവഞ്ഞുവീണു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 ശിപ്പിപ്പാനുമുള്ള കാലവും വന്നു അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു അവന്റെ നിയമഘട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴിയും ഉണ്ടായി